അള്ളാഹുസുബാനഹുവറ്റായയുടെ പേര് അവിടെ സ്മരിക്കപ്പെടുന്നത് തടയുകയും അത് തകർക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നവനേക്കാൾ വലിയ അക്രമി മറ്റാരുണ്ട് ഭയത്തോടുകൂടിയല്ലാതെ അവിടെ പ്രവേശിക്കാൻ അവർക്കനുവാദമില്ല ഇഹലോകത്തവർക്ക് അപമാനവും പരലോകത്തവർക്ക് കഠിനമായ ശിക്ഷയുമുണ്ട്